അവരുടെ രക്ഷിതാവിങ്കൽ അവർക്കുള്ള പ്രതിഫലം ശാശ്വതമായ സ്വർഗ്ഗത്തോപ്പുകളാണ് അതിനടിയിലൂടെ പുഴകളൊഴുകുന്നു അവിടെ അവർ എന്നേക്കുമായി വസിക്കും ഉള്ളാഹു സുബാനഹൂവ ചായല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരും അവനിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു തന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടവർക്കുള്ളതാണത്